തൊറാത്തിലും ഇഞ്ചിയിലും എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് അവർ കണ്ടെത്തുന്ന അറിവില്ലാത്ത പ്രവാചകനായ ദൂതനെ പിന്തുടരുന്നവർ അദ്ദേഹം അവരോട് നന്മ കൽപ്പിക്കുകയും തിന്മയിൽ നിന്ന് വിലക്കുകയും ചെയ്യുന്നു നല്ല വസ്തുക്കൾ അവർക്കനുവദിക്കുകയും മോശമായവ അവർക്ക് നിഷിദ്ധമാക്കുകയും ചെയ്യുന്നു അവരുടെ ഭാരങ്ങളും അവർക്കുണ്ടായിരുന്ന ചങ്ങലകളും അദ്ദേഹം നീക്കം ചെയ്തു അതിനാൽ അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും അദ്ദേഹത്തെ ബഹുമാനിക്കുകയും സഹായിക്കുകയും അദ്ദേഹത്തോടൊപ്പം ഇറക്കപ്പെട്ട പ്രകാശത്തെ പിന്തുടരുകയും ചെയ്തവർ അവരാകുന്നു വിജയികൾ